suradham sapa bhumi suradham ക്ഷിണമിതം തോപ്പം ഭൂതം ഭവത് ഭവിഷ്യതിച്ചവ ുഷ്പാഗരസ്ഥാനം ലഭി പ്രജ്ഞസപ്തോനവിശതിമുഖസ്തുഭവൈ പ്രഥമപദ സ്വപ്നസ്ഥാനോ എകോനവിശതിമുഖ പ്രവിക്തജസോ എകേഭൂതഘനൈവാനന്ദമയോഹിയനന്ദഭു ചേർമുഖപ്രതൃതീയപദ േശ്വരേം മുനി പ്രഭാ മന്ദ്രജ്ഞം നഹിപ്രജ്ഞം നോ ഭേദ പ്രജ്ഞം നനം ന അദൃശ്യമ്യവഹാരിമഗ്രാഹ്യമലക്ഷണമ ചിന്തിയുപദേശിമേ പദ്ധതിസാരം പ്രപഞ്ചോപം ശിവമദ്വൈതം ചതുധം മഞ്ഞുന്ദേ സ ആത്മാേയ സ്ഥാനോ വൈശ്വാണ പ്രഥമ മാത്രമത്മാ ആപ്നോധ വൈ സർവാൻ കാശോ വേദ സ്വപ്നസ്ഥാനോ ദ്ധയാ മാത്ര ഉത്കർഷാ ഉഭയത് ഉത്കർഷഹ വൈ ജ്ഞാനസന്ധനി കുലേയ സുസുക്തസ്ഥാനോമകാരൃതീയമാത്രമിതിരപീതീർ നിനോദി ഇതം അപേരിശോ മാത്രോഹരിഹ പ്രപഞ്ചോ വശമ സ്വീയോ ഓക്കാര അത് വശം വിഷദ് ദോഷപ്യൽപോഭ ഉപലംഭാദ് സമാചാരണങ്ങള് പറഞ്ഞു ആചാര്യന്മാരും സർവത്ര അജാതിയെ കുറിച്ചല്ല പറയുന്നത് അങ്ങനെ സർവ സ്വപ്നമാണ് സ്വപ്ന തുല്യമാണ് പ്രാതിഭാസികമാണ് എന്നൊന്നും അല്ല പറയുന്നു പല ഈ പ്രപഞ്ചാനുഭവത്തിന്റെ വ്യാവഹാരികതയെ അംഗീകരിക്കുന്നു അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു സൃഷ്ടി സംഭവിച്ചു എന്ന് തന്നെ പറയുന്നു സൃഷ്ടിക്ക് കാരണമായി ഒരു സൃഷ്ടികർത്താവ് ഈശ്വരൻ ഉണ്ട് എന്ന് പറയുന്നു ഇവിടെയെല്ലാം ജാതിയെ ജന്മത്തെ പറയും പക്ഷെ ഇവിടെ പരമമായ അജാതി അതാണ് പറയുന്നത് അപ്പൊ ഈ വ്യത്യാസം എന്തുകൊണ്ട് വന്നു അതിനാണ് കഴിഞ്ഞ ദിവസം സമാധാനം പറഞ്ഞത് ഇവിടെ പറയുന്നത് പാരമാർത്ഥിക ദൃഷ്ടി പറയുകയാണ് പാരമാർത്ഥിക ദൃഷ്ടിയിൽ തന്നെ വ്യത്യാസമാണ് അതിനി പറയും പാരമാർത്ഥിക ദൃഷ്ടിയില് പറയുമ്പോ ഇത് കേവലം ഭാനം മാത്രം പ്രതീതി മാത്രം ഇതിന് പ്രതീതി സത്തേ എന്റെ പ്രതീതി എന്നുള്ള നിലനിൽത്തേ ഉള്ളൂ അതിൽക്കുന്നൊരു പാരമാർത്ഥികത്വം ഇല്ല പ്രപഞ്ചാനുഭവത്തിൽ അങ്ങനെ ഒരു അനുഭവം നിലനിൽക്കേ അത് കേവലം പ്രതീതി മാത്രം എങ്ങനെയാകും അതിന് സ്വപ്ന ദൃഷ്ടാന്തത്തെ പറഞ്ഞു അതിലൂടെ അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ് ജാഗ്രതന്നെ പ്രതീതിമാത്രമായ അനുഭവങ്ങൾ ധാരാളമുണ്ട് ആ അനുഭവങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടി വ്യക്തമാണ് സ്വപ്നം അതില് കാലദേശങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തതയുണ്ട് ഇവിടെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഭ്രാന്തി ക്ഷണികമായിരിക്കും പലപ്പോഴും സ്വപ്നം അങ്ങനെയല്ല അത് കുറച്ചുകൂടി സജീവമാണ് ഇതങ്ങനെയല്ല മായികമായ അനുഭവപ്പെടുന്നുണ്ട് കുറച്ചുകൂടി വ്യക്തതയുണ്ട് ഇന്ദ്രജാലത്തിൽ അതിനിയും പറയും അതെന്തായാലും രണ്ടു തരത്തിലുള്ള ഉപദേശം ആചാര്യന്മാര് തന്നെ ചെയ്തിട്ടുണ്ട് ഒന്ന് ഇതിന്റെ വ്യാവഹാരികമായ ഉണ്മയെ അംഗീകരിച്ചിട്ടുണ്ട് വ്യാവകാരിക ദൃഷ്ടിയ മറ്റൊന്ന് കേവലം പാരമാർത്ഥികമായ നിലയിൽ ബ്രഹ്മസൂത്രത്തിലും മറ്റും ജന്മാദ്യാസ്ത്ര യോനിത്വ എന്നിങ്ങനെ സൃഷ്ടിയെ കുറിച്ച് പറയുന്നത് അത് പാരമാർത്ഥിക പാര തത്വം അല്ലെങ്കിൽ പാരമാർത്ഥികമായി ഭ്രാന്തി പ്രതീതി ഭാനം എന്നെല്ലാം പറയുന്നുകൊണ്ട് അതല്ല മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടങ്ങനെ രണ്ടു തരത്തിൽ ഉദ്ദേശിച്ചു എന്നാണ് പറഞ്ഞു കാലം ഭാഗ് സമാചാര ഒന്നനുഭവം അനുഭവത്തെ ആർക്കും നിഷേധിക്കാൻ വയ്യ പ്രത്യേകിച്ചും അജ്ഞന്റെ അനുഭവത്തെ അജ്ഞനങ്ങനെ നിഷേധിക്കാൻ പറ്റും അജ്ഞന് നിഷേധിക്കാൻ കഴിയത്തില്ല വിജ്ഞനോ അതിനൊട്ട് തയ്യാറാകത്തുമില്ല കാരണം അനുഭവത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ ആ നിഷേധത്തെ ചെവിക്കൊള്ളാൻ ആരും കാണത്തില്ല അതുകൊണ്ട് അനുഭവിക്കുന്നവൻ്റെ നിലയിൽ അവൻ്റെ അനുഭവത്തെ അംഗീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ് സൃഷ്ടിയെക്കുറിച്ച് പറയുന്നവരുടെ അത് ശ്രുതിയായാലും ശരി ആചാര്യനായാലും ശരി മറ്റ് ശാസ്ത്രങ്ങളായാലും ശരി അതാണ് ഇവിടെയും പറയുന്നത് പേ ചും ഉപലംഭ സമാചാര മറ്റൊന്ന് സമാചാരം നേരത്തെ പറഞ്ഞ വർണ്ണ ആശ്രമ വ്യവസ്ഥകൾ വെച്ചാൽ സമൂഹത്തിലെ വ്യവസ്ഥ ഈ വ്യവസ്ഥകൾ സമൂഹത്തിൽ ഇങ്ങനെ നിലനിന്ന് പോകേണ്ട ആവശ്യമാണ് കാലദേശങ്ങൾക്കനുസരിച്ച് അതിന് മാറ്റം വരാൻ പക്ഷെ വ്യവസ്ഥ ആവശ്യമാണ് സമൂഹത്തിലെ അത്തരം വ്യവസ്ഥകളെ നിലനിർത്തി മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയും ആചാര്യന്മാർ വ്യാവഹാരികമായ ഈ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്നു എന്നാലും ഇത് പറഞ്ഞാൽ മനസ്സിലാകുന്ന ആൾക്കാരെപ്പോഴും കാണും അവർക്ക് വേണ്ടി അജാതിയെ കുറിച്ച് പറഞ്ഞു അതാണ് പാരമാർത്ഥികം ഒരേ അനുഭവത്തെ തന്നെ അജ്ഞന്റെ അനുഭവവും ഞാനീടെ അനുഭവം അനുഭവം എന്നുള്ള നിലയ്ക്ക് വ്യത്യാസമൊന്നും വ്യത്യാസമില്ലാന്ന് പറഞ്ഞാൽ പകലിന് പകലായി എറിയുന്നു രാത്രി രാത്രിയായി എറിയുന്നു അഗ്നി അഗ്നിയായി അറിയുന്നു ജലത്തെ ജലമായി അറിയുന്നു ഈ അനുഭവത്തിലൊന്നും വ്യത്യാസമില്ല എന്നാലും അതിൽ അജാതിയെ സമർപ്പിക്കുന്ന പറയുന്നു ഈ അനുഭവം ആരോപിതമാണ് അല്ലെങ്കിൽ ആവിദ്യകമാണ് പരമാർത്ഥമല്ല അജാതിയാണോ എന്ന് പറയുന്നു ഇത്രയുള്ളൂ അനുഭവത്തെ അനുഭവത്തിന്റെ നിലയിൽ നിഷേധിക്കുന്നില്ല അങ്ങനെ നിഷേധിക്കുന്നുവെന്ന് കരുതുകയാണ് നമ്മൾ അതിനെ ചോദ്യം ചെയ്യുന്നത് അങ്ങനെ എന്നാൽ പറയുന്ന പ്രപഞ്ചം മിഥ്യയാണോ പ്രപഞ്ചം ഇല്ലാത്തതാണ് പറഞ്ഞു അങ്ങനെയല്ല പറയുന്നു പ്രപഞ്ചം നിങ്ങളുടെ അനുഭവത്തിലുണ്ട് അത് പരമാർത്ഥമല്ല പരമാർത്ഥമല്ലാതെ എങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ആരോപിതമാണോ അല്ലെങ്കിൽ കൽപ്പിതമാണോ അതാണ് ഇവിടെ വിശദീകരിക്കുന്നത് ആത്മനോയന്തി വിരുദ്ധംയന്തി നമ്മുടെ അനുഭവം കൊണ്ടും നമ്മുടെ ആചരണം കൊണ്ടും നേരത്തെ ജോലി എന്താണ് അഗ്നി സ്പർശിച്ച കൊള്ളത്തില്ലേ അനുഭവം ആചരണവും ഇതെല്ലാം കൊണ്ട് ഇത്തരം അനുഭവങ്ങളും ആചരണവും കൊണ്ട് അജാതി വസ്തുനഹ ഇത്രസന്ധോയി അജാതത്തെ ഉൾക്കൊള്ളാൻ പറ്റില്ല ജഗന് മിഥ്യാത്വം അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ഭയക്കും അതങ്ങനെ സംഭവിക്കും അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ താനാരായി തനിക്ക് പിന്നെ എന്താ ഉള്ളത് എല്ലാം നഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് അതിനെ ഭയന്നിട്ട് അസ്ഥി പസ്തുഹി അദ്വൈയാ ആത്മനോ വിയന്തി അവർ ആ പരമാർത്ഥമായ ഈ ദ്വൈതത്തെ പാരമാർത്ഥികമായി കാണുന്നു എന്നിട്ട് പരമാർത്ഥത്തെ ഭയക്കുന്നു സത്യമല്ലാതെ തന്നെ സത്യമായി കാണുന്നു എന്നിട്ട് അദ്വൈതാത്മനോ യന്തി വിരുദ്ധം വ്യന്തി ദ്വൈതം പ്രതിപദ്ന്തി എന്താണോ പരമാർത്ഥമായി ശ്രുതി ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അതിന് വിരുദ്ധമായ കാര്യത്തിൽ മുറുകെ പിടിക്കുന്നു മനുഷ്യന്റെ സ്വഭാവമാണ് ജീവന്മാരുടെ സ്വഭാവമാണ് അതിനീകരിച്ചേ പറ്റൂ അതുകൊണ്ട് സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു എന്നാണ് ാം സന്മാർഗവലംബിനാതിദോഷ ജാത്യുപലംഭകൃത ദോഷ്യന്തി അവരുടെ അവസ്ഥ എന്താണെന്ന് പറയും ഈ പറയുന്ന ആചാര്യന്റെ പരമമായ ഉപദേശത്തെ ഗ്രഹിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് അതിനും വലിയ ദോഷമൊന്നുമില്ല എന്തുകൊണ്ട് അത് ഗ്രഹിക്കാതിരിക്കുന്നത് അവരുടെ ദോഷമല്ല അവർക്കതിനുള്ള പക്വത വന്നിട്ടില്ല പക്വത വരാത്തോണ്ട് അവരതിനെ ഗ്രഹിക്കുന്നതിന്റെ ഭയക്കുന്നു എന്തു പറഞ്ഞു യോഗിനോ വിസ്മാന്ധനത്തിൽ നിന്ന് മോചിക്കാനും വേണ്ടി ആഗ്രഹിക്കുന്നവർ തന്നെ ഭയക്കുന്നു അജാതഹേത്രസതാം ശ ഒരു ശരീര അതിരിതമായ ആത്മാവിനെ സ്വീകരിക്കുന്നു മോക്ഷത്തെ അംഗീകരിക്കുന്നു സന്മാർഗത്തെ സ്വീകരിക്കുന്നവർ തയ്യാറാണ് അവരുടെ സജ്ജനങ്ങൾ ശിഷ്ടന്മാരെന്ന് പറയുന്നു അങ്ങനെ ശിഷ്ടന്മാർ സന്മാർഗലംബിനാണ് ജാതി ദോഷം അവർക്ക് ജാത്യുപലംബം കൊണ്ട് ഇതെല്ലാം പരമാർത്ഥമാണെന്ന് കരുതുന്നതുകൊണ്ട് വലിയ ദോഷമൊന്നും വരുന്നില്ല ദോഷം വരുന്ന ഇപ്പോൾ സന്മാർഗത്തിന് വിരുദ്ധമായി സഞ്ചരിക്കുമ്പോൾ അവിടെയാണ് ദോഷം വരുന്നത് അവർ സന്മാർഗത്തിൽ തന്നെ സഞ്ചരിക്കുന്നത് പക്ഷെ അവരുടെ മനസ്സ് ഇതിനെ ഉൾക്കൊള്ളുന്ന അത്രയും വളർന്നിട്ടില്ല അതുകൊണ്ട് അവര് മോശക്കാരാണെന്ന് പറഞ്ഞ് അവരെ തളികളയുകയല്ല അങ്ങനെ ഒരാൾക്കത് ഉൾക്കൊണ്ടില്ല എന്ന് വിചാരിച്ച് അതിന്റെ ദോഷം അല്പമാണോ ദോഷാനി സിദ്ധി നോപ്പയാസ്യന്തി ഹിംസാദി ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നതുകൊണ്ട് വരുന്ന ദോഷങ്ങൾ പോലെയുള്ള ദോഷങ്ങളൊന്നും അവർക്ക് സംഭവിക്കുന്നില്ല എന്തുകൊണ്ട് വിവേകമാർഗപ്രവർത്തി വിവേക മാർഗത്തിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത് ബന്ധമോക്ഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു മോക്ഷത്തിനുവേണ്ടി പ്രവർത്തിക്കുന്നു പക്ഷെ ഈ മാർഗത്തിലൂടെ അല്ലാതെ ഒരാൾ ജഗന് മിഥ്യാത്വത്തെ ബോധിച്ചില്ല എന്ന് വിചാരിച്ച് അയാൾ നരകത്തിലൊന്നും ബോധത്തില്ല എന്നാ പറഞ്ഞു വരുന്നു അത് ശ്രേഷ്ഠമാണെങ്കിൽ തന്നെയും അതിൽ പ്രവർത്തിക്കാത്തത് അയാളുടെ പോരായ്മ കൊണ്ടാണ് അതുകൊണ്ട് വിശേഷിച്ച് ദോഷമൊന്നും സംഭവിക്കുന്നില്ല എന്ത് വികസ്യ ദോഷകസിയാകും ഭവിഷ്യതി പറയുന്നു എന്തെങ്കിലും ഒരു ദോഷം അവിടെ വരാം നരകപതനമൊന്നും സംഭവിക്കത്തില്ല പക്ഷെ ഈ പരവമമായ തത്വത്തെ ഗ്രഹിക്കാതിരിക്കുക അങ്ങനൊരു ദോഷം വരാം അതാണ് എന്തിക്ക് കസ്റ്റിദ് ദോഷദുരദോഷമില്ലെങ്കിൽ പിന്നെ എന്തിനെ ഗ്രഹിക്കണം ഈ തത്വത്തെ ഗ്രഹിക്കുന്നതുകൊണ്ട് പിന്നെ എന്താ മേന്മ എന്ന് ചോദിച്ചു അതുകൊണ്ട് പറയുന്നു അപ്പമാത്രമായ ഈ സത്യത്തെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ള അത് അല്പയവ ഭവിഷ്യാണ് അതൊരു നിസ്സാരമായ കാര്യമാണ് സമ്യക് ദർശന അപ്രതിപത്തി ഹേതുക സമയക് ദർശനത്തെ യഥാർത്ഥമായ ജ്ഞാനത്തെ ഗ്രഹിക്കാതിരിക്കാൻ കഴിയുക എന്ന് പറയുന്നൊരു ദോഷമേ ഉള്ളൂ അങ്ങനെ പറയാൻ കാരണം ഇതാണ് പരമാർത്ഥമെങ്കിൽ ശാസ്ത്രം തന്നെ പരമാർത്ഥമല്ലാത്ത കാര്യത്തെ ഉപദേശിക്കുന്നു ജനങ്ങളതിനെ സ്വീകരിക്കുന്നു അതിൻ്റെ വഴിക്ക് സഞ്ചരിക്കുന്നു ഇതെല്ലാം ദോഷമല്ലേ പറയുന്നു അത് ദോഷമല്ല പരമാർത്ഥത്തെ ഗ്രഹിക്കാതിരിക്കുക എന്ന് പറയുന്നത് എന്നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊരു ചെറിയ പോരായ്മ അത്രയുള്ളൂ അതുകൊണ്ട് ഈ ലോകം ഈ സംസാരം ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെല്ലാത്തിനും ആളുണ്ടാവും പരമാർത്ഥത്തെ ഗ്രഹിക്കുന്നവർ അത് ഗ്രഹിക്കാത്തവർ ഈ രണ്ടു കൂട്ടങ്ങളാണ് അത് സന്മാർഗത്തിലാണ് ചരിക്കുന്നതെങ്കിൽ ദോഷമില്ല അതാണ് പറഞ്ഞു വരുന്നത് ഉപലംഭാതിർഷാ നീ ദോഷവ്യൽ ഭവിഷ്യതിലം സമാചാരാ മയാ ഹസ്തിയുച്യ പ്രപഞ്ചാനുഭവത്തിൻ്റെ അസത്യത്വം ഇതിനെ ബോധിപ്പിക്കാൻ വേണ്ടി സ്വപ്നത്തേണത് ദൃഷ്ടാന്തമായിട്ടെത്തുക സ്വപ്ന അനുഭവത്തിലൂടെ ജാഗ്രത അനുഭവത്തെ ആ സത്യം ഒന്ന് ബോധിപ്പിക്കുക അത് പലർക്കും സ്വീകാര്യമായൊരു കാര്യമല്ല എന്തുകൊണ്ട് ഇത് രണ്ട് അനുഭവ തലങ്ങളാണ് പരസ്പരം ഒരു ബന്ധവും ഇല്ലാത്ത രണ്ട് അനുഭവ തലങ്ങൾ അതുകൊണ്ട് ആൾക്കാരുടെ സാധാരണ ചില ശരി സ്വപ്നം അസത്യമായിക്കൊള്ളട്ടെ എന്താ അതുകൊണ്ട് ഈ ജാഗ്രത അസത്യമാവും എന്ന് ചോദിക്കും അതുകൊണ്ട് ഇവിടെ മറ്റൊരു ഉദാഹരണം പറയും ജാഗ്രതയുടെ തന്നെ ഉദാഹരണത്തെ എടുക്കുന്നു ജാഗ്രത നിങ്ങൾക്ക് എന്തിനെയെങ്കിലും എവിടെയെങ്കിലും അസത്യം ഒന്ന് ബോധിക്കാൻ കഴിയുന്നുണ്ടോ അപ്പൊ സത്യമായി അനുഭവപ്പെടുന്ന ഒരു അനുഭവം പിന്നീട് സത്യമായി അനുഭവപ്പെടുന്ന ഒന്ന് പിന്നീട് അസത്യമായി അനുഭവപ്പെടുന്നുണ്ടോ അതാണ് ഉദാഹരണമായി പറയുന്നത് ഉപലംഭ സമാചാരോഹ പ്രമാണത്വ അനുഭവവും പ്രവൃത്തിയും ഇതിനെ കണക്കിലെടുക്കാതെ ഒരു തത്വത്തെയും പറയാൻ വയ്യ ആർക്കും ജാഗ്രത സത്യമായ അനുഭവമാണ് ജാഗ്രത സത്യമായ പ്രവൃത്തികളും നടക്കും സത്യമായ പ്രവൃത്തി എന്ന് പറയുമ്പോൾ പ്രവർത്തനം പ്രതിപ്രവർത്തനം ഇതല്ല അഗ്നിയെ അഗ്നി സ്വപ്നം കാണുന്ന പോലെയല്ല അഗ്നിയെ കുറിച്ച് മനോരഥത്തിൽ കാണുന്നത് പോലെയല്ല നേരിട്ട് അഗ്നി സ്പർശിക്കുമ്പോൾ ശരീരം പൊള്ളുന്നു അതാണ് സമാചരണം ഇതൊരു പ്രവൃത്തിയാണ് സഫലമായ പ്രവൃത്തി ഇത് ജാഗ്രതയിൽ കണ്ടുകൊണ്ടിരിക്കുക ജാഗ്രത ഈ അനുഭവത്തിന് മാറ്റമില്ലല്ലോ എന്നാണ് ഇതെല്ലാം അസത്യമാണ് അവസ്ഥവാണ് എന്ന് പറയണമെങ്കിൽ ഈ പറയുന്ന ഉപാലംഭ ഉപലംഭ സമാചാരങ്ങൾക്കൊരു മാറ്റം അതെവിടെ അതില്ലാത്തടത്തോളം കാലം ഇതിനീകരിക്കുക ഇതൊരു വെറും തോന്നലാണ് കല്പനയാണ് ഇനി അംഗീകരിക്കാൻ എങ്ങനെ കഴിയുമെന്നാണ് അസ്ഥീവദ്വിതം വസ്തു അതുകൊണ്ട് ഈ കാണുന്ന വസ്തുക്കൾ സത്യം തന്നെയാണ് അല്ലെങ്കിൽ ഇതിനും ഇല്ലാതെ അനുഭവം പ്രവൃത്തി ഇല്ലാതാകണം അതൊട്ടും ഇല്ലാതാകുന്നുമില്ല ഇതിനെങ്ങനെ അസത്യം ഒന്ന് പറയാൻ കഴിയും പറയുന്നു പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്നത് ശരിയായ ദിശയിലല്ല എന്തുകൊണ്ട് ഉപലംബ സമാചാരയോ വ്യഭിചാര ഉപലംബ സമാചാരങ്ങൾക്ക് ഈ ജാഗ്രത തന്നെ മാറ്റം കാണുന്നു സ്വപ്നത്തിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ തന്നെ ഇത് ബോധ്യപ്പെടുന്നുണ്ട് എന്റെ അനുഭവവും പ്രവൃത്തിയും ശരിയായില്ല കഥം വ്യഭിചാരയിപ്പിച്ചത് എങ്ങനെ മാറ്റം വരുന്നു അനുഭവത്തിന് ജാഗ്രതയിൽ തന്നെ എങ്ങനെ മാറ്റം വരുന്നുലഭ്യത മായഹസ്തിവ അത്ര സമാചരന്തി ബന്ധന ആരോഹണാദി ഭസ്തിസംബന്ധിഭിർ ധർമ്മേഹി ഹസ്തി ചേ അസനബിയ പറയുന്നു ഇന്ദ്രജാലം കണ്ടിട്ടുണ്ടോ മായാജാലം മായാജാലത്തിൽ വളരെ സമർത്ഥന്മാരായ മായാവികൾ അവർ പലതും മുമ്പിൽ സൃഷ്ടിച്ചു കാണി മായാഹസ്തി സ്വന്തം മുമ്പിൽ മായാഹസ്തിയെ കാണിച്ചു ഇല്ലാത്തതായ ആന മുമ്പിൽ നിൽക്കുന്നതായി കാണിച്ചു കഴിഞ്ഞു ഹസ്തീവ ഹസ്തനമിവാത്ര സമാചരന്തി കാണുക മാത്രമല്ല അനുഭവം മാത്രമാണ് ഉപലംഭം മാത്രമാണ് ആനയെ കണ്ടുകഴിഞ്ഞാൽ അത്രവൃത്തിയുണ്ടെന്നാണ് ബന്ധനം ആനയെ ബന്ധിക്കാൻ കഴിയുന്നുണ്ട് ആരോഹണം ആനയുടെ പുറത്ത് കയറാൻ കഴിയുന്നുണ്ട് ഇങ്ങനെ ആന ചിലപ്പോൾ കുത്തുന്നതായി അനുഭവപ്പെടാം ആന ഓടിക്കുന്നത് അനുഭവപ്പെടാം ആനയെ കൊണ്ട് ഓടാം കേവല അനുഭവം മാത്രമാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് കേവലം ആശയങ്ങൾ മാത്രമാണ് ഇത് ആശയവാദമാണ് ആശയവാദത്തിൽ എന്താണോ നമ്മുടെ സങ്കല്പത്തിൽ എന്തിനേയും ചിന്തിച്ചു കൂട്ടാം നമ്മുടെ ബാഹ്യപ്രവൃത്തിയുമായി യാതൊരു ബന്ധവും വരത്തില്ല ഒരുപാട് സിദ്ധാന്തങ്ങൾ നമ്മുടെ മനസ്സിൽ ആവിഷ്കരിക്കും ഇവിടെ അതല്ല പറയുന്നത് ഇവിടെ പറയുന്നത് ദൃഷ്ടാന്ത സഹിതം പറയുകയാണ് നിങ്ങൾക്ക് യഥാർത്ഥമായ അനുഭവങ്ങൾ ഉണ്ടാകാം അത് കേവലം മനസ്സിന്റെ ആശയത്തിന്റെ തരത്തിലല്ല ബാഹ്യമായി തന്നെ പ്രവൃത്തി സംഭവിക്കും അതുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ സംഭവിക്കും അതിന്റെ ഇന്ദ്രജാലക്കാരന്റെ ആനയെ കണ്ടപ്പോ ഭയന്നു ഭയം മനസ്സിന് മാത്രമല്ല ശരീരത്തിനും വന്നു അതാണ് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചത് അപ്പൊ പ്രവൃത്തി സംഭവിക്കുന്നു സംഭവിച്ചു കഴിഞ്ഞ് ആന എന്താണ് ബോധ്യപ്പെടുന്നത് അത് സത്യമായിരുന്നില്ല എന്തുകൊണ്ടാണ് ഈ മായാഹസ്തിയുടെ ഉദാഹരണം എടുക്കുന്നത് ബ്രഞ്ജ സർപ്പത്തിന്റെ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പത്ത് പേര് പോയി ഒരു സ്ഥലത്ത് ഒരാൾക്ക് സർപ്പഭ്രാന്തി ഉണ്ടായി ആ സർപ്പത്തെ ഒരുവിനേ കണ്ടുള്ളൂ ബാക്കിയുള്ളവരാരും കണ്ടല്ലോ മായാഹസ്തി അങ്ങനെയല്ല അവിടെ കൂടിയിരിക്കുന്ന ജനം മുഴുവൻ കാണും ഭയമുള്ള സർവരും ഭയക്കും ഇതെല്ലാം സംഭവിക്കുന്നു അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചെടുത്ത് കാണിക്കുന്നു അവിടെ അനുഭവവും സത്യമല്ല അവിടെ സംഭവിച്ച പ്രവൃത്തികൾ അത് നിത്യായ അനുഭവത്തെ ആശ്രയിച്ചായിരുന്നു ഇവിടെ പറയുന്നത് യഥാർത്ഥമായ അനുഭവത്തെ ആശ്രയിച്ചും പ്രവൃത്തികൾ സംഭവിക്കാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉദാഹരണം പറയുന്നത് അസന്നപീയത വാസ്തവത്തിൽ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല എന്നാലും അസത്യമായ ആ അനുഭവത്തെ ആശ്രയിച്ച് സത്യം പ്രവൃത്തികൾ സംഭവിച്ചു അവിടെ അനുഭവം സത്യം തന്നെ ആയിരുന്നു അനുഭവിച്ചത് ഹസ്തി മായാഹാസ്തിയാണെന്ന് തിരിച്ചറിഞ്ഞില്ല തിരിച്ചറിഞ്ഞാൽ ഭേഗത്തില്ല അത് സംഭവിക്കുന്നത് പോലെയാണ് അങ്ങനെ സംഭവിക്കാമെങ്കിൽ ജാഗ്രതങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാമെങ്കിൽ കുറച്ചുകൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ജാഗ്രത്വം മൊത്തത്തിൽ അതുപോലുള്ള ഒരു അനുഭവമാണ് പരമാർത്ഥമല്ലാത്ത അനുഭവത്തെ ആശ്രയിച്ചുകൊണ്ട് പ്രവൃത്തികൾ സംഭവിക്കുകയാണ് ഭ്രാന്തിക്ക് കീഴ്പ്പെട്ട ഒരു മനസ്സ് ആ മനസ്സിന്റെ തോന്നലിനനുസരിച്ച് ബാഹ്യമായ ശാരീരികമായ പ്രവൃത്തികൾ സംഭവിക്കുക ആ പ്രവൃത്തികൾ അനുഭവപ്പെടുന്നത് യാഥാർത്ഥ്യമായിട്ടാണ് അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് ഭ്രാന്തി കൊണ്ട് ശരീരാദി പ്രതീതി ഉണ്ടാകുന്നു ആ പ്രതീതിയെ പിന്തുടർന്ന് ശാരീരികമായ പ്രവൃത്തികളും സംഭവിക്കുന്നു അതടുത്ത വാരികയിൽ ഒന്നുകൂടി വ്യക്തമാക്കും തഥായവ ഉപലംഭാ സമാചാരാ ദ്വൈതം ഭേദരൂപം അസ്ഥി വസ്തു ലിത്യച്ചു അതുകൊണ്ട് അനുഭവപ്പെടുന്നത് കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഈ ദ്വൈതം ഭേദരൂപം ശബ്ദസ്പർശരൂപ രസഗന്ധ ഈ ഭേദത്തോടുകൂടി ഇതെല്ലാം നിലനിൽക്കുന്നു സത്യമായി നിലനിൽക്കുന്നു എന്ന് അനുഭവിക്കുന്നു പറയുന്നു പ്രവർത്തിക്കുന്നു തസ്മാലംഭ സമാചാരോ ഭാവേ ഹേതുഭവദൈത്യഭിപ്രായം അതുകൊണ്ട് ഞാനിതിനെ അറിയുന്നു അറിയുക മാത്രമല്ല ഇതിനെ സത്യമായി അറിയുന്നു ആ അറിയിന് ആ അറിവിനെ ആശ്രയിച്ച് സഫലമായ പ്രവൃത്തികൾ സംഭവിക്കുന്നു അതാണല്ലോ നമ്മൾ പറയുന്നത് സത്യമാണെന്നുള്ളതിന് വസ്ത്രത്തെ അറിഞ്ഞു എന്നുള്ളത് മാത്രമല്ല ആ വസ്ത്രം ധരിക്കുന്നതിനും കഴിയുന്നു അതാണ് സഫലപ്രവൃത്തി ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെ അറിയുന്നതെന്ന് മാത്രമല്ല അതിനെ സഫലമായി അനുഭവിക്കാനും കഴിയുന്നു എങ്ങനെ അതിൽ നിന്ന് സുഖം ദുഃഖം തുടങ്ങിയ അനുഭവങ്ങൾ ഉണ്ടാകുന്നു പന്നപാനാദികളിൽ നിന്ന് ക്ഷുപാസ നിവർത്തി വിശപ്പുന്താഹുമെല്ലാം മാറുന്നു ഇതൊക്കെ സഫല പ്രവൃത്തികളാണ് അനുഭവവും അനുഭവത്തെ തുടർന്നുള്ള സഫല പ്രവൃത്തികളും നടക്കുന്നതുകൊണ്ട് ഇത് സത്യമാണെന്ന് പറയുകയാണെങ്കിൽ ഇതുപോലെയുള്ള സഫല പ്രവൃത്തികൾ അനുഭവത്തെ ആശ്രയിച്ച് ഇന്ദ്രജാലം കാണുന്നവന് സംഭവിക്കുന്നു മായാഹസ്തിയെ സംബന്ധിച്ച് സംഭവിക്കുന്നു അതുകൊണ്ട് സത്യമാണെന്ന് പറയാൻ പറ്റും ഇപ്പൊ ജാഗ്രതത്തിൽ ഇതുപോലെ ധാരാളം അനുഭവങ്ങളുണ്ട് ജാഗ്രത ശരിക്കും യഥാർത്ഥ അനുഭവത്തെക്കാൾ കൂടുതൽ ഭ്രഹ്മാനുഭവങ്ങളാണ് യഥാർത്ഥത്തെക്കുറിച്ചുള്ള അനുഭവം അല്പമേ നമുക്കുണ്ടാകുന്നുള്ളൂ കൂടുതലും ഭ്രഹ്മാനുഭവങ്ങളാണ് പക്ഷെ അതിനെ ഭ്രമമായി നമ്മൾ തിരിച്ചറിയുന്നില്ലെന്നേ ഉള്ളൂ നമ്മുടെ സങ്കല്പങ്ങൾ ഭ്രമമാണ് പ്രത്യക്ഷമായ അനുഭവങ്ങളിൽ ഭ്രമമാണ് പൂർവ്വസ്മരണകളെ സംബന്ധിച്ച് ഒട്ടുമുട്ടാനും ഭ്രമമാണ് ഭാവിയെക്കുറിച്ച് വരുന്ന കൽപ്പനകൾ അതെല്ലാം ഭ്രമമാണ് അതെല്ലാം തൊണ്ണൂറ് ശതമാനം ഭ്രമമാണ് എന്നാലും അല്പമായ സത്യത്തെ എടുത്തുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് ഇതെല്ലാം സത്യമാണ് അതുകൊണ്ട് ഈ അനുഭവം ഈ ജാഗ്രതയുടെ അനുഭവം ഇതൊന്നും ഇതെല്ലാം പരമാർത്ഥമായി നിലനിൽക്കുന്നു എന്നുള്ളതിന് പ്രമാണമല്ല ഹേതുവല്ല എന്നാണ് പറയുന്നത് ഉപലംഭാ സമാചാരാ അസ്ഥി വസ്തുയു ജത്യാഭാസം ചലാഭാസം വസ്തുഭാസം തധൈവലമവസ്തുവാനം ദ്വയം പുനഃ പരമാ ജാദ്യ അസദ്ബുദ്ധിയത ആഹ ിംബന പരമാർത്ഥ സദ്വസ്തു ഇത് ഒരു പ്രതീതി ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഒരു ഭ്രാന്തി ആയിക്കൊള്ളട്ടെ സങ്കല്പം തോന്നൽ എന്നെല്ലാം പറയാം ഭാനം ഇതെന്തിനെ ആശ്രയിച്ചാണ് നടക്കുന്നത് ഈ പ്രതീതിക്ക് ഒരു ആധാരം വേണമല്ലോ പരമാർത്ഥ സദ്വസ്തു അതെന്താണോ എന്തിനാശ്രിച്ചത് നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതുവരെ ചർച്ചയിൽ ഇക്കാര്യം പറഞ്ഞിട്ടുള്ള ഇല്ല എന്നുള്ളതല്ല കാരണം ആ വസ്തുവിന് നമ്മൾ ഓരോരോ പേര് പറഞ്ഞ് ആ വസ്തുവിനെ കുറിച്ച് നമുക്ക് പല ധാരണകളുണ്ട് ബ്രഹ്മം ആത്മാവ് സത്യജിത്താനന്ദം ഇങ്ങനെ പല പല പല പേരുകളിലൂടെ അതിനെക്കുറിച്ച് നമ്മളോരോ സങ്കല്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് വാസ്തവത്തിൽ അതെന്താണോ അത് വ്യക്തമാക്കാൻ വേണ്ടി പറയുന്നു ഈ അതാസ്പദസുദ്ധ ഏതെന്നെ ആശ്രയിച്ചിട്ടാണ് ഈ അസത് ബുദ്ധികൾ ഉണ്ടാകുന്നത് ജന്മസ്ഥിതി ഭംഗങ്ങൾ എവിടെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് എവിടെയാണ് അത് സത്യവെന്നതുപോലെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ആധാരം ഏതാണ് അതിന് സമാധാനം പറയുന്നു അജാതി സജ്ജാതി ഭാസ രീതി ജാത്യാഭാസം തദ്യഥ ദൈവതത്വ ജായത്തെ ഈ അനുഭവം എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ് എന്നാണിവിടെ പറയുന്നത് നമ്മൾ വളരെ ദൃഢമായി സത്യമായി ധരിച്ചിരിക്കുന്ന ഈ അനുഭവങ്ങൾ നമുക്കൊരിക്കലും ആ അനുഭവത്തെ നമുക്ക് തിരുത്താൻ വയ്യാത്ത തരത്തിൽ നമ്മുടെ ബോധത്തിൽ ഉറച്ചുപോയ അനുഭവമാണ് ഈ അനുഭവം ഇത് മനസ്സിലാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ തുച്ഛമാണ് അതെന്ന് പറയുന്നത് ജാത്യാഭാസം ആഭാസം എന്ന് പറഞ്ഞാൽ കഴമ്പില്ലാത്തത് ഒരു ഒരു പ്രതീതി മാത്രം ഒരു ഭാനം മാത്രം അതാണിത് ജാത്യാഭാസമാണ് തദ്യത ദൈവതത്വ ജായത്തെ ഒരുവൻ ജനിക്കുന്നുവെന്ന് കരുതുന്നു തന്റെ ജനനത്തെനിക്ക് കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് മറ്റൊരാളുടെ ജനനത്തെക്കുറിച്ച് പറയും അന്നുണ്ടായി അത് പ്രകടമായി അതിൽ പരിണാമങ്ങളൊക്കെ സംഭവിച്ച് അത് നിലനിന്ന് പോകുന്നതായി അനുഭവപ്പെടും ജനനം എവിടെ തുടങ്ങുന്ന പറയാൻ പറ്റും ജനനത്തിന്റെ പരിണാമങ്ങളാണ് നമ്മൾ കാണുന്നത് ഒരു വൃക്ഷം എവിടെ എപ്പോ ജനിച്ചതെന്ന് നോക്ക് പറയാൻ പറ്റും അതിന്റെ ജനനം അങ്കുരത്തിലാണോ തുടങ്ങിയത് അതോ ബീജത്തിലാണോ ഞാൻ ഫലത്തിലാണോ വൃക്ഷത്തിൽ നിന്ന് തന്നെ ഫലം വരുന്നത് ഞാൻ വൃക്ഷത്തിലാണോ അടുത്ത വൃക്ഷത്തിന്റെ ഉത്പത്തി ആരംഭിച്ചതൊന്നും പറയാൻ വയ്യ നമുക്ക് ജനന തീയതി ഒക്കെ ഉണ്ടത് വേറെ കാര്യം ആ തീയതിക്കാണോ നമ്മൾ ജനിച്ചത് അതർക്കും പറയാൻ കഴിയില്ല ഇതെന്താണ് അനിശ്ചിതമായ ഒരു പ്രതീതി ശരിക്കും കാലം കൊണ്ടോ ദേശം കൊണ്ടോ വിവച്ഛേദിക്കാൻ വയ്യാത്തൊരു പ്രതീതിയാണ് അതുകൊണ്ടാണ് ഇതിനെ തോന്നൽ പ്രതിഭാസം എന്ന് പറയുന്നത് അതാണ് ഇവിടെ ആഭാസം എന്ന് പറയുന്നത് അനുഭവത്തിലങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു പക്ഷേ ഇന്ന കാലം ഇന്ന ദേശം എന്ന് നിശ്ചയിക്കാൻ വയ്യ ആ തുടർച്ചയാണ് നമ്മൾ പറയുന്നത് എന്ത് ചലനം അതാണ് അടുത്ത് പറയുന്നത് ചലാഭാസം ചലം ഇവ ആഭാസൈര്യഥ യഥാസഹവ ദേവതത്വ ഗതി പ്രപഞ്ചം മൊത്തം നമുക്ക് അനുഭവപ്പെടുന്നത് ചലനാത്മകമായിട്ട് ആ ചലനത്തെ തന്നെ വേറൊരു ഭാഷയിൽ പറയുന്നു പരിണാമം പ്രദീക്ഷണം സർവവും അത് പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ഥൂലമായിട്ടത് വസ്തുവിന്റെ രൂപത്തിൽ പരിണമിച്ചുകൊണ്ടിരിക്കുന്നു സൂക്ഷ്മമായത് ഊർജ്ജത്തിന്റെ രൂപത്തിൽ പരിണമിച്ചുകൊണ്ടിരിക്കുന്നു എന്താണ് ഈ പരിണാമം ഇതും ഒരാഭാസമാണ് അതും ദേശകാലങ്ങളോടുകൂടി ബന്ധപ്പെടുത്തി നിശ്ചയിച്ച് ഇന്നടത്ത് നിന്ന് അതാരംഭിക്കുന്നു ഇവിടെ ഇത് സത്യമാണ് ഇവിടെ ഇത് ഇന്ന രൂപത്തിലാണെന്നൊന്നും പറയാൻ കഴിയത്തില്ല ഇതുമനുസൃതമായി അതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ഒരു നദി എവിടെ നിന്നാണ് അതിൻ്റെ ഒഴുക്കാരംഭിക്കുന്നതെന്ന് പറയാൻ വഴി അത് ഒരു പ്രവാഹം എന്നേ അതിനെക്കുറിച്ച് പറയാൻ കഴിയുന്നുണ്ട് കാലദേശങ്ങൾ കൊണ്ട് നിശ്ചയിക്കാൻ കഴിയാത്ത ഒന്നിനെ സത്യമൊന്നും പറയാൻ വഴി അതുകൊണ്ടത്തെ ചലാഭാസം ഈ അനുഭവങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഒന്ന് ജാത്യാഭാസം ജനിക്കുന്നു നമുക്ക് തോന്നുന്നു അത് നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല പിന്നെ ചിലാഭാസം അത് പരിണമിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നു അതും പരമാർത്ഥമല്ല വസ്തു ആഭാസം വസ്തുദ്രവീം ധർമ്മി തദ്വതയി വസ്തു ആഭാസം യഥാസൈവൈവതോരോ ദീർഘയി ഒന്നിൽ തന്നെ പല ധർമ്മങ്ങളും നമ്മൾ ആരോപിക്കുന്നു പല ധർമ്മങ്ങളും ഒന്നിന്റേതാണെന്ന് നമ്മൾ ധരിക്കുന്നു ഒരു ധർമ്മിയിൽ പല ധർമ്മങ്ങൾ ദേവതത്തിൻ കറുപ്പാണ് അവൻ പൊക്കമുള്ളവനാണ് പൊക്കമില്ലാത്തവനാണ് ഇതെല്ലാം ആഭാസങ്ങളാണ് പരമാർത്ഥത്തിനൊരു വസ്തു ഉണ്ടായിരിക്കുകയും അതിൽ മറ്റൊരു വസ്തുവിനെ പരമാർത്ഥമായി കാണുകയും ചെയ്യുന്നു ധരിക്കുന്നു അവിടെ ധർമ്മധർമ്മീ ഭാവങ്ങളെക്കുറിച്ചെല്ലാം ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരെത്തും പിടിയും വെളുത്ത വസ്ത്രം എന്ന് പറയുന്നു നമ്മളെന്താണ് വസ്ത്രത്തിൽ ഒരു വെളുപ്പിനെ ആരോപിക്കുകയാണ് പ്രത്യേകിച്ച് ഒന്നുണ്ടെന്ന് നമ്മൾ ധരിക്കുകയാണ് വാസ്തവത്തിൽ അങ്ങനെയൊന്നുണ്ടെങ്കിൽ നമ്മൾ ആ വസ്ത്രത്തിൽ നിന്നും ആ വെളുപ്പിനെ പുറത്തെടുക്കണമായിരുന്നു അത് നമുക്ക് കഴിയുന്നില്ല അതിന് ദീർഘം വീതി ഘനം പരിണാമങ്ങൾ നമ്മൾ ആരോപിക്കുന്നു വാസോതിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അതിൽ നിന്ന് വസ്ത്രത്തിൽ നിന്ന് നീളത്തെ എടുത്ത് മാറ്റും അതിൽ നിന്ന് അതിന്റെ വീതിയെടുത്ത് മാറ്റും എന്റെ ഘനപരിണാമത്തെ നമ്മൾ വേറെയാക്കാൻ കഴിയും ഭാഷകാരൻ തന്നെ വേറെടുത്ത് പറയും എത്ര സമർത്ഥനായ ശില്പിയായ ശരി അയാൾക്കൊരിക്കലും ആ വസ്ത്രത്തിൽ നിന്ന് അതിന്റെ പരിണാമങ്ങളെ ഗുണങ്ങളെ ഒന്ന് വേർതിരിക്കാൻ കഴിയും എന്തുകൊണ്ട് കഴിയുന്നില്ല അയാൾ വൃദ്ധ അഭിമാനിക്കുകയാണ് താനാണ് ഇതൊക്കെ സൃഷ്ടിച്ചത് താനാണ് വസ്ത്രത്തെ സൃഷ്ടിച്ചതെന്ന് വസ്ത്രം എന്ന് പറയുന്നത് എന്താണ് ഇതെല്ലാം കൂടെ കൂടിച്ചേർന്നാണ് നീളവും ധനവും പരിണാമവും എല്ലാം കൂടിച്ചേർന്നാണ് വസ്ത്രം അപ്പോ ആ ശില്പി സമർത്ഥനായ ശില്പി കരുതുകയാണ് താൻ സൃഷ്ടിച്ചാണ് താൻ സൃഷ്ടിച്ചണെങ്കിൽ ഇതെല്ലാം കൂടിച്ചേർന്നാണ് ആ വസ്ത്രവെങ്കിൽ തന്റെ സൃഷ്ടി എന്ന് പറയുന്നത് എന്താണ് ഇതിനെല്ലാം കൂടി ചേർക്കുന്നതാണ് അങ്ങനെ എണുകളതിനെ അതിൽ നിന്ന് വേർതിരിക്കണം ഒരു വസ്ത്രത്തെ എടുത്തിട്ട് അതിന്റെ നിറത്തം മാറ്റണം വേർതിരിച്ച് കാണിക്കണം അതൊന്നും കഴിയുന്നില്ലല്ലോ ഇതെന്താണ് വസ്തു ആഭാസമാണ് ഒരു പ്രതീതിക്കപ്പുറം അതിന് പരസ്പരം വേർതിരിക്കത്തക്ക ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല കേവല പ്രതീതി മാത്രമേ നിലനിൽക്കുന്നുള്ളൂ ജാത്യാഭാസം ജാതി ഒരാഭാസമാണ് തോന്നലാണ് ചലനം അതൊരാഭാസമാണ് തോന്നലാണ് വസ്തു വസ്തുധർമ്മങ്ങൾ അതും അതുപോലെയാണ് പിന്നെ ഇവിടെ ഏതിനെയാണ് സത്യം എന്ന് പറയുന്നത് പരമാർത്ഥം എന്ന് ധരിച്ചിരിക്കുന്നത് ഒരു വസ്തുവിൽ ഏതിനെയാണ് ജാതയെ ദൈവതത്വ സ്പന്ദതെ ദീർഘ ഗൗരവാസത്തെ കേവലൊരു പ്രതീതി മാത്രമാണ് ചിന്തിച്ചാൽ ചിന്തിക്കാത്തവരെ സംബന്ധിച്ച സത്യം തന്നെ അതല്ല ഇവിടെ പറയുന്നു നേരത്തെ പറഞ്ഞല്ലോ ഇത് വിവേകിന വിവേകികൾക്ക് വേണ്ടി പറയുകയാണ് പരമാർത്ഥത അജം അശലം അവസ്തുത്വം അദ്രവ്യും അതാണ് പരമാർത്ഥം പരമാർത്ഥത്തിൽ അങ്ങനെ ജനിക്കുന്നില്ല വ്യാവഹാരികമായ ദൃഷ്ടിയെ ആചരിച്ചുകൊണ്ടാണ് ഇത് ചർച്ച ചെയ്തത് അങ്ങനെ ഇത് ജനിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നു ഇത് ജനിക്കുന്നു ചലിക്കുന്നു മാറുന്നു അത് വ്യാവഹാരികമായ ദൃഷ്ടി പറയുന്നു പരമാർത്ഥത്തിലല്ല പരമാർത്ഥത വസ്തു അജം അചലം അവസ്തുത്വം അദ്രവ്യം ദ്രവ്യ കർമ്മ വിഭാഗങ്ങളൊന്നും ചെയ്യാൻ സാധ്യമല്ല കൽപ്പനയിൽ ഇതെല്ലാം നടക്കുന്നു അതൊന്നും വാസ്തവമല്ലകാരം പറയുന്നു അങ്ങനെയാണെങ്കിൽ സംഭവിക്കുന്നത് എന്താണ് അതാണ് ആദ്യം ചോദിച്ചത് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നു പറയുന്നു ഏതാണ് ഇതൊക്കെയായി മാറുന്നത് എവിടെയാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ എല്ലാ ആധാരം അല്ലെങ്കിൽ ഏതൊന്നാണ് ഈ നാനാരൂപത്തിൽ പ്രതീതമാകുന്നത് ദണുക്കിൻ്റെ ദൈവം പ്രകാരം ഇത്തരമാണ് പറയുന്നത് വിജ്ഞാനം ഇതിനെ തന്നെ നമ്മൾ പറഞ്ഞു ചിത്ത് ചിത്തം വിജ്ഞപ്തി ഇതെവിടെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെ ഇതെവിടെയാ സംഭവിക്കുന്നത് ഇത് പുറത്തൊന്നും സംഭവിക്കുന്നില്ല അകത്ത് സംഭവിക്കുന്നുണ്ടോ ഇതൊക്കെ എവിടെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധനഗതിപ്പുറം എന്താണ് ഇതൊക്കെ നമ്മുടെ തലച്ചോറിലാണ് സംഭവിക്കുന്നതെന്ന് പറയും എന്നിട്ട് നമ്മൾ അത് പരിശോധിച്ചു പോകും അവിടെ ഇതൊക്കെ സംഭവിക്കുന്നുണ്ടോ അതിനെ ആശ്രയിച്ചിട്ടാണോ ഇതൊക്കെ നിലനിൽക്കുന്നത് അതിനെ ആശ്രയിച്ചിട്ടല്ല മറിച്ച് ഈ വിജ്ഞത്തിയിൽ അത് നിലനിൽക്കുകയാണ് ഇവിടെ പറയുന്ന ആ ചിത്തത്തിൽ ഇത് നിലനിൽക്കുകയാണ് ഭൗതികമായി പറഞ്ഞാൽ എന്ത് പറയും തലച്ചോറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ഈ തലയോട്ടിക്കകത്തിരിക്കുന്ന സ്ഥിരകളിൽ കോശങ്ങളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അവിടെയെല്ലാം സംഭവിക്കുന്നത് വിജ്ഞം വിജ്ഞാനത്തിലതെല്ലാം നിൽക്കുകയാണ് തലയും കാലുമെല്ലാം നിൽക്കുന്നത് അവിടെയാണ് വിജ്ഞാനത്തെ നമുക്ക് എല്ലാത്തിനെയും കാണാൻ കഴിയുന്നു ടി വിൽ എല്ലാത്തിനെയും കാണാൻ കഴിയുന്നു അത് ഏതുപോലെ ആ ടി വി സ്ക്രീൻ കാണുന്നതെല്ലാം അതിന്റെ സൃഷ്ടി എന്ന് കരുതുന്ന പോലെയുള്ള ഒരു ബുഡിത്തവണ അങ്ങനെ നമുക്ക് കരുതാൻ കഴിയുമോ അതൊക്കെ അതിന്റെ സൃഷ്ടിയാണ് ആ സ്ക്രീനിൽ ആണ് ഇതൊക്കെ സംഭവിക്കുന്നത് അതിന്റെ ഉറവിടം മറ്റെവിടെയുമാണ് പക്ഷെ ആ പ്രകാശത്തിനുള്ള കേവലം മാധ്യമങ്ങളാണതല്ല അവിടെ എന്തൊക്കെ ഉപകരണങ്ങളുണ്ടോ അതല്ല അതിൻ്റെ ഉള്ളിലുള്ളതായാലും ശരി പുറമേ ഉള്ളതായാലും ശരി പുറമെ ഒരു ഉറവിടത്തെ ആശ്രയിച്ചിട്ടാണ് അവിടെ പ്രകാശിക്കുന്നത് അതൊരു ഭാനമാണ് അതുപോലെ ഇതിനപ്പുറമുള്ള ഒരു ഉറവിടത്തെ ആശ്രയിച്ചിട്ടാണ് ഇത് പ്രകാശിക്കുന്നത് ഈ തലച്ചോറിലൂടെ പ്രകാശിക്കുന്നത് ഒരു ബൾബിന് പ്രകാശിക്കുന്നതിന് ആ ഫിലമെന്റിന് എന്ത് സ്ഥാനമാണോ ഉള്ളത് അത്രയേ ഉള്ളൂ നമ്മുടെ ഈ സ്ഥിരാസമൂഹത്തിൽ തലച്ചോറിൽ ആ സ്ഥാനമേ ഉള്ളൂ അതിനെ ആശ്രയിച്ചത് പ്രകാശിക്കുന്നു എന്നേ അപ്പം അതല്ല ആധാരം വാസ്തവത്തിൽ അതിലൂടെ വെളിപ്പെടുന്ന ഈ പ്രകാശമാണ് അതിനും ആധാരം അതിന് തെളിവാണ് ഈ പ്രകാശം പല രീതിയിൽ അനുഭവപ്പെടുന്നു ജാഗ്രത അനുഭവപ്പെടുന്നു സ്വപ്നമായി അനുഭവപ്പെടുന്നു സുഷുപ്തിയായി അനുഭവപ്പെടുന്നു അവിടെയല്ല അതേ ഒരു വസ്തുത ഈ തലച്ചോറി തന്നെ അവിടെയിരിക്കുന്നു പക്ഷെ ഈ വിജ്ഞപ്തി പല രീതിയിൽ അനുഭവപ്പെടുന്നു ഈ വിജ്ഞപ്തിക്ക് പലതരത്തിൽ പ്രകടമാകാൻ കഴിയും അത് പല ഉപായങ്ങളും സ്വീകരിക്കുന്നു ഉപായത്തിനെ ആശ്രയിച്ചല്ല ഉപായത്തെ ആശ്രയിക്കുകയാണെങ്കിൽ ആ ഉപായം എപ്പോഴും ഒരുപോലെ ആയിരിക്കുന്നു അനുഭവം എപ്പോഴും ഒരുപോലെയിരിക്കുന്നു ഉപായത്തെ ആശ്രയിച്ചാണെങ്കിൽ ആ മാധ്യമത്തെ ആശ്രയിച്ചാണെങ്കിൽ ആ മാധ്യമത്തിന് മാത്രമല്ല അതൊരുപോലെ തന്നെ ഇരിക്കും പക്ഷെ അനുഭവം വ്യത്യാസപ്പെട്ടു വരുന്നു അപ്പോൾ ഇതെന്തിനെ ആശ്രയിച്ചിരിക്കുന്നു ആ വിജ്ഞപ്തി ആശ്രയിച്ചിരിക്കുന്നു അവിജ്ഞപ്തിയിൽ പലതരത്തിലുള്ള അനുഭവങ്ങൾ മാറി മാറി വരും ജാഗ്രത സ്വപ്നവും സുഷുപ്തിയുമായി വരും പരമാർത്ഥത്തിൽ അതവിടെ ഇല്ല ഈ വിജ്ഞപ്തിയിലുള്ള ഈ ആഭാസങ്ങളെ എന്ന് ജാഗ്രത സ്വപ്ന സുഷുപ്തി എന്നുള്ള ഈ അനുഭവങ്ങളെ മാറ്റി നിർത്തിയാൽ മാറുന്ന അനുഭവങ്ങൾ മാറ്റി നിർത്തിയാൽ കേവലമായ അവിജ്ഞപ്തി മാത്രമാണ് ജാത്യാതിരഹിതത്വ ശാന്തം അത് വികാരഹിതമാണ് പറഞ്ഞല്ലോ ശാന്തം ശിവം അദ്വൈതം അപ്പം പറയും ഞങ്ങൾ തലച്ചോറ് പരിശോധിച്ചു നോക്കി അങ്ങനെയല്ല അതിൻ്റെ അകത്ത് പല കാര്യങ്ങളും കാണുന്നുണ്ട് പല കാര്യങ്ങളും കാണുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ തലച്ചോറ് പരിശോധിക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല ഈ ലോകത്ത് മുഴുവൻ നിങ്ങൾ പല കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ എവിടെയാണ് നിങ്ങൾ കണ്ടത് അന്യന്റെ തലച്ചോറിലല്ല നിന്റെ വിജ്ഞപ്തിയിലാണിത് കണ്ടതല്ല നിന്റെ വിജ്ഞാനമാണ് ഓരോന്ന് കാണിച്ചു തരും അതിനെല്ലാത്തിനും കൂടി ചേർത്താണ് നമ്മൾ പറയുന്നത് ജാഗ്രത സ്വപ്നം സുശക്തി അപ്പോൾ മറ്റു സ്ഥലത്ത് നിങ്ങൾ എന്തൊക്കെ കണ്ടുവെന്ന് അവകാശപ്പെട്ടാണേ ശരി അത് കാണുന്ന ഒന്നും മറ്റൊരു സ്വന്തം വിജ്ഞാനത്തിലാണ് കാണുന്നത് സ്വന്തം വിജ്ഞപ്തിയും സ്വന്തം ചിത്തത്തിലാണ് എല്ലാം കാണുന്നത് അത് ഓരോ സ്ഥലത്തോട് ബന്ധപ്പെടുത്തി കാണുന്ന അതുകൊണ്ട് എന്തിനും ആധാരം എന്താണോ സ്വന്തം ിത്ത് തന്നെ വിജ്ഞാനം തന്നെ നമ്മൾ ഓരോന്നും പഠിക്കുന്നതിനും ഓരോന്നും കണ്ടെത്തുന്നതിനും വേണ്ടി നമ്മൾ ഒരുപാട് ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും എല്ലാം നടത്തുന്നു ഓരോന്നും കണ്ടെത്തുന്നു ഇതെല്ലാം എവിടെയാ സംഭവിക്കുന്നത് ഇതെല്ലാം സ്വന്തം വിജ്ഞപ്തിയിൽ തന്നെ ഇവിടെ പറയുന്നത് സ്വന്തം വിജ്ഞാനത്തിൽ തന്നെ ആ വിജ്ഞാനത്തിൽ ഓരോന്ന് പ്രകടമാകുകയാണ് അത് പ്രകടമാകുന്നതിന് ഇവിടെ പറയും വാസ്തവത്തിൽ ബാഹ്യമായ നിമിത്തങ്ങൾ പോലും ആവശ്യപ്പെടും ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്ത് വരുന്നത് തന്നെ നിമിത്ത അനിമിത്തത്വം എന്ന് തുടങ്ങി ഭാഗം പോലും ചർച്ച ചെയ്യുകയാണ് വിജ്ഞാനത്തിന് വിഷയനിമിത്തമേ അല്ല വിജ്ഞാനം വിഷയത്തെ ആശ്രയിക്കാതെ നിൽക്കുന്നു എന്നാൽ ആ വിജ്ഞാനത്തിൽ ആരോപിതമായ രീതിയിൽ വിഷയങ്ങൾ നിൽക്കുന്നു ഇതിന്റെ അടിസ്ഥാനം വിജ്ഞാനം തന്നെയാണ് അതിന് ജാഗ്രത സ്വപ്ന ശ്രദ്ധിയനുഭവങ്ങളിലൂടെ ഇവിടെ സമർത്ഥിച്ചു അതിന്റെ സ്വതയുള്ള പ്രകൃതം എന്താണ് അത് ശാന്തമാണ് എന്നുവെച്ചാൽ ഈ ആരോപരഹിതമാണ് ആരോപങ്ങളെ സദാ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു പാരോപരഹിതമായ ഒന്നിൽ ഈ ആരോപങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് എങ്ങനെ ഇതെന്ന് തുടങ്ങി ഇതെന്ന് അവസാനിക്കുന്നു അതിനാണ് സമാധാനം പറഞ്ഞത് ആവിദ്യകം ആവിദ്യകമായി കാലദേശങ്ങളെ സൃഷ്ടിച്ചിട്ട് അതിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് സ്വയം തന്നെ കുരുക്കിട്ടിട്ട് സ്വയം തന്നെ അതിനെ അഴിക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ അഴിക്കാൻ ശ്രമിച്ചാൽ അത് അഴിയും തോറും കുരുങ്ങുന്ന കുടുക്കായി തന്നുവീരും അങ്ങനെ ഒരിക്കലും ഈ കൊടുക്കിൽ നിന്ന് തലപൂരാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇതിന്റെ പരമാർത്ഥ സ്വരൂപത്തെ ബോധിക്കുക ഈ ആരോപത്തിൽ നിന്നുകൊണ്ട് ചോദ്യങ്ങളും സമാധാനങ്ങളും കണ്ടെത്തിയാൽ ഇത് അവസാനിക്കത്തില്ല ഈ പ്രക്രിയ ഇങ്ങനെ അനിശ്ചിതമായി അനവരതമായി നിരന്തരം തുടർന്നുകൊണ്ടേയിരിക്കും അതിന്റെ വാസ്തവ സ്വഭാവം അത് ശാന്തമാണോ അതിനാണ് തുരിയൻ അതും ഇതുമായിട്ടുള്ള വ്യത്യാസം എന്താണ് അത് പറഞ്ഞ് തുരിയാധിഗമം തുരിയാധിഗമത്തിൽ ഈ ആരോപങ്ങളെല്ലാം അവസാനിക്കുന്നു അല്ലെങ്കിൽ ഈ ആരോപങ്ങൾ തിരിയെന്ന് സ്പർശിക്കുന്നില്ല പലതരത്തിലും പറയാം ഇതൊക്കെ അവസാനിക്കുന്നു ഇത് വീണ്ടും തുടരല്ലേ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമാണ് ഇതെ സ്പർശിക്കുന്നില്ല അല്ലെങ്കിൽ ഇത് അവസാനിക്കുന്നു എന്നാണ് ഒരാളുടെ നിശ്ചയമെങ്കിൽ ശാന്തമാണ് ഇതൊന്നും അവിടെയില്ല എന്ന് പറയും ഇത് അവസാനിക്കാമല്ലോ പറയാം ഈ സുഷുപ്തിയിൽ അവസാനിക്കുന്നു ആരെയാണെങ്കിലും ഒരു തുരിയ ഭാവത്തിൽ ഇതെല്ലാം അവസാനിച്ചുകൂടെ അവസാനിക്കാം അവസാനിച്ചുകൂടാകില്ല എന്തുകൊണ്ട് പരമാർത്ഥത്തിൽ ഇത് ഉണ്ടായിട്ടേ ഇല്ലാത്ത ഒന്നും അവസാനിക്കുന്നു എന്ന് പറയുന്ന എളുപ്പമുള്ള കാര്യമാണ് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ആ ഒരു തലത്തിൽ ആ ഒരു അർത്ഥത്തിൽ എന്നാണ് ഈ അനുഭവം നിലനിൽക്കുന്നുണ്ടല്ലോ എന്നാണെങ്കിൽ അത് നിലനിന്നോട്ടെ ഈ അനുഭവം നിലനിൽക്കാം പക്ഷെ അത് ശാന്തമായിരിക്കും ആരോപരഹിതമായിരിക്കുന്ന ആരോപണം അതാണ് മരുമരീചികയുടെ തത്വത്തെ ഗ്രഹിച്ചവന് അത് അശാന്തി ഉണ്ടാക്കുന്നില്ല അതുണ്ടാക്കുന്ന അശാന്തി എന്താണ് ദാഹം തോന്നുക ദാഹം തോന്നുമ്പോ വെള്ളം കുടിക്കുന്നതിന് വേണ്ടി അതിന്റെ സമീപത്തേക്ക് പോവുക കാതിൽ നിന്ന് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക വീണ്ടും ദാഹം ഉണ്ടാകുക ദാഹം ശമിപ്പിക്കുക ഇതിങ്ങനെ നിറന്നുകൊണ്ടേയിരിക്കുന്നു അതാണ് ആ മരുമരീതി ഉണ്ടാകുന്ന ഉണ്ടാക്കുന്ന ശാന്തി അതിന്റെ തത്വത്തെ ഗ്രഹിച്ചവനോ ഇത്തരത്തിലുള്ള സങ്കല്പങ്ങളില്ല അവനെ ഒരിക്കലും സങ്കല്പിക്കുന്നില്ല ഇതുകൊണ്ട് എന്റെ ദാഹം മാറ്റാം അവൻ സങ്കല്പിക്കുന്നുണ്ട് അതിനുവേണ്ടി അവൻ പരിശ്രമിക്കുന്നുണ്ട് അതാണെന്ന് പറയുന്നത് വിജ്ഞപ്തിയുടെ ശാന്തത ആശാന്തയിൽ നിൽക്കാം ആ ശാന്തതയിൽ നിന്നാണ് ഈ അശാന്തിയെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ ശാന്തതയിൽ നിന്ന് അശാന്തി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അശാന്തിയിൽ നിന്ന് മോചനം ഇവിടെ ഈ അശാന്തി പരമാർത്ഥമല്ല എന്നറിഞ്ഞത് തന്നെ അതിൻ്റെ മോചനം പരമാർത്ഥമാണെങ്കിൽ അതിനെ ബന്ധിക്കാൻ പറ്റും പരമാർത്ഥമല്ലാൽ അത് മോചനമായി അതെയ അതാണ് അദ്വൈാനുഭൂതി അതാണ് തുരീയൻ അതാണ് പരമാർത്ഥം എന്നോട് പറയും അജാചലമവസ്തുത്വം ജാത്യാഭാസം ചലാഭാസം അസ്വാഭ്യസം തഥാ ചലമസ്തുവാനം ശാന്തമ ദ്വയം എന്നാ ചിത്ത അജാസ്മൃതമേ വിജാനന്തോ പറഞ്ഞ ഹേതുക്കൾ അനുസരിച്ച് പറഞ്ഞാൽ ഇതുവരെ പറഞ്ഞ വിശദീകരണങ്ങൾ അനുസരിച്ച് ചിന്തിച്ചാൽ ഒരു ബോധ്യമാകുന്നു എന്താണോ ചിത്തം നജായതേ ചിത്തം അതെന്താണ് എന്ന് പറഞ്ഞതുപോലെ വിജ്ഞാനം ശാന്തം അദ്വയം ചിത്രം ശാന്തമാണ് അദ്വയമാണ് ധർമ്മ ആത്മാനഹ അജാ സ്മൃത ബ്രഹ്മി ഈ ധർമ്മങ്ങൾ അനേക ജീവഭാവങ്ങൾ താനായും അന്യനായും അറിയുന്ന ഭാവങ്ങൾ തന്നിൽ തന്നെ അനുഭവപ്പെടുന്ന അനേക ഭാവങ്ങൾ ആത്മാനഹ അജാഹാസ്തവത്തിൽ അവ അജങ്ങളാണ് സ്മൃത ബ്രഹ്മവിദ് എന്നാണ് ഇതിന്റെ തത്വത്തെ അറിഞ്ഞ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് ബഹുവചനം വിധായ ഉപചാരക വീണ്ടും നിങ്ങൾ അനേകത്തെ കുറിച്ച് പറയുന്നു അദ്വയം എന്നാണ് പറഞ്ഞു നിർത്തിയത് ഉച്ച ഏകം ഏകത്തെക്കുറിച്ച് പറഞ്ഞു നിർത്തിയതിനു ശേഷവും വീണ്ടും അനേകത്തെക്കുറിച്ച് പറയും ധർമാ ആത്മാനഹ അജാഹ ബഹുവചന പ്രയോഗങ്ങളാണ് ഒന്നാണെങ്കിൽ അത് പറയേണ്ട കാര്യമില്ല ധർമ്മ ആത്മാ അജ എന്നൊക്കെ പറയേണ്ടത് അപ്പൊ അദ്വയം എന്ന് പറഞ്ഞിട്ട് വീണ്ടും നാനാത്വത്തെ കുറിച്ച് പറയുന്നുണ്ട് എങ്ങനെയാണെങ്കിൽ ഈ ചർച്ച അവസാനിക്കത്തില്ലല്ലോ അത് പറയുന്നു ഈ ആരോപങ്ങളെ നിങ്ങൾ നിലനിർത്തുന്നു ഈ ആരോപങ്ങളിൽ നിന്നും നിങ്ങൾ മുക്തനായാൽ പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ മതി ആത്മാ അജ അദ്വയെന്ന് ഏക പറയാം പക്ഷെ പറഞ്ഞിട്ടും കേട്ടിട്ടും ഇതിൽ നിന്നുള്ള വാസ്തവ മുക്തി സംഭവിക്കുന്നു മോചനം സംഭവിക്കുന്നു പരമാർത്ഥത്തിൽ പറഞ്ഞല്ലോ നിത്യമുക്തനാണ് ഭ്രാന്തി കൊണ്ട് വീണ്ടും മോചനത്തിന് വേണ്ടി ശ്രമിക്കുന്നു ആ ഭ്രാന്തി നിലനിൽക്കുന്നു അത് നിലനിൽക്കുന്നിടത്തോളം കാലം ആ ഭ്രാന്തി അംഗീകരിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ അതിനെ പലതെന്ന് പറയേണ്ടി വരും പിന്നെ അവിടെ ഒന്നേ കഴിയത്തുള്ളൂ എന്താണോ ആ പലത് ഈ പല അനുഭവങ്ങൾ അസത്യമല്ല അത് അസത്യമാണെന്ന് ബോധിപ്പിക്കാനേ കഴിയത്തുള്ളൂ ബോധിപ്പിക്കുന്ന ആളല്ലല്ലോ ഇത് ബോധിക്കേണ്ടത് കേൾക്കുന്നവനാണ് ബോധിക്കേണ്ടത് അവനത് ബോധിക്കാത്തരത്തോളം കാലം ദേഹഭേദ അനുവിധായിത്വ ദേഹഭേദത്തെ പിന്തുടരുന്നു ഞാനെന്നും നീയെന്നും അനേകമെന്നുമുള്ള ഈ ദേഹഭേദത്തെ പിന്തുടരുന്നു അദ്വയസീവ അതുകൊണ്ട് ആ അദ്വയത്തെ ബോധിപ്പിക്കുമ്പോൾ ഉപചാരത ആ പരമാർത്ഥത്തിൽ തന്നെയുള്ള ഇതിന് ആരോപിത ദൃഷ്ടി എന്ന് പറയും നേരത്തെ പറഞ്ഞല്ലോ ആ പരമാർത്ഥത്തെ രണ്ട് തരത്തിൽ ബോധിപ്പിക്കുന്നു ഒന്ന് വ്യാവഹാരികമായ ദൃഷ്ടിയിൽ മറ്റൊന്ന് പാരമാർത്ഥികമായ ദൃഷ്ടിയിൽ ആ പാരമാർത്ഥികമായ ദൃഷ്ടിയിൽ ബോധിപ്പിക്കുമ്പോൾ തന്നെ ഒന്ന് ആരോപിതമായ ദൃഷ്ടിയിൽ ബോധിപ്പിക്കുന്നു പരമാർത്ഥമല്ലാത്ത ആരോപങ്ങൾ എന്ന് പറഞ്ഞ് ബോധിപ്പിക്കുന്നു അത് അപവാദ ദൃഷ്ടിയിലും ബോധിപ്പിക്കും ആരോപങ്ങളെ ഇല്ല ആരോപിക്കാനും ഒന്നുമില്ല എന്തിങ്ങനെ അപവാദ ദൃഷ്ടീനും ബോധിപ്പിക്കും എന്ന് പറഞ്ഞാൽ അദ്വൈയമായ ഒന്നിൽ നമ്മളാദ്യം ബോധിപ്പിക്കുന്നത് എന്താണ് പരമാർത്ഥമായ ഈ വിജ്ഞപ്തിയിൽ വിജ്ഞാനത്തിൽ ഉള്ള ഭ്രാന്തിയാണ് ഇതെന്ന് ബോധിപ്പിക്കുന്നു അതാണ് ആരോപിത ദൃഷ്ടി ഭ്രാന്തി എന്ന് പറഞ്ഞാൽ ഇത് അസത്യമാണ് എന്നാണ് അപവാദ ദൃഷ്ടി ബോധിപ്പിക്കുമ്പോഴോ അഭ്രാന്തി നിഷേധിക്കുന്നു ഏകമായിരിക്കും എന്ത് ഭ്രാന്തി അഭ്രാന്തി എന്ന് നിഷേധിക്കുന്നു ഇവിടെ പറയുന്നു നിങ്ങൾക്ക് നാനാത്വ ബോധം ഉള്ളതുകൊണ്ട് ആരോപിത ദൃഷ്ടി ബോധിപ്പിക്കുകയാണ് ഉപചാരത ആരോപിതമായി ബോധിപ്പിക്കുന്നു അതുകൊണ്ടാണ് ബഹുവചനം പ്രയോഗിക്കുന്നത് അനുഭവത്തെ അംഗീകരിക്കുന്നു അനുഭവത്തെ സത്യമല്ല എന്ന് ബോധിപ്പിക്കുന്നു രണ്ടു കാര്യങ്ങളും ചെയ്യും ആ സത്യമല്ലാത്ത അനുഭവത്തെ ഭ്രാന്തി എന്ന് പറയും ഇനി അതിനെ നിഷേധിക്കാം സത്യമല്ലാത്ത അനുഭവം ഭ്രാന്തി അങ്ങനെ ഒന്നില്ല സത്യം മാത്രമേ ഉള്ളൂ അത് അപവാദ ദൃഷ്ടിയിൽ ബോധിപ്പിക്കുന്നു ഇവിടെ ഇപ്പൊ പറയുന്നു അങ്ങനെ ബോധിപ്പിക്കാനാണ് എപ്പോഴും ശ്രമിക്കുന്നത് പക്ഷെ അത് ബോധിക്കുന്നില്ല ഏകമാണ് അദ്വയമാണ് വിജ്ഞാനം എന്നാണ് ബോധിപ്പിക്കുന്നത് പിന്നെ അവിടെ ഭ്രാന്തിക്കുന്ന ഒരു സ്ഥാനമില്ല പക്ഷെ ആ നിലയിൽ എത്തുന്നില്ല അപവാദത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അങ്ങനെ വരുമ്പോൾ ആരോപിതമായി ബോധിപ്പിക്കുന്നു ശരി നിനക്കൊരു ഭ്രാന്തി സംഭവിച്ചിരിക്കുന്നു അസത്യമായ അനുഭവം സംഭവിച്ചിരിക്കുന്നു അതുകൊണ്ടിവിടെ പറയുന്നു എന്നെല്ലാം പലതിനെ അംഗീകരിച്ചതുപോലെ സംസാരിക്കുന്നു ജാത്യാതിരഹിതം അദ്വയം ആത്മതത്വം വിജാനന്ദി അവിദ്യാധ്വാന്തസാഗരേ വിപര്യേ യഥോക്തം വിജ്ഞാനം നേരത്തെ പറഞ്ഞ വിജ്ഞാനം വിശാന്തം അദ്വയം അതാണ് ജാത്യാതിരഹിതം വിഭ്രാന്തികളൊന്നും ഇല്ലാത്തതാണ് അദ്വയം അവിടെ ബഹുജന പ്രയോഗങ്ങളൊന്നുമില്ല അതിവേകമാണ് ആത്മതത്വം വിജാനന്ദ അദ്വയം ആത്മതത്വം ആദ്വീയമായിരിക്കുന്ന ഏകമായിരിക്കുന്നതാണ് തന്റെ തത്വം എന്ന് അറിയുന്നവൻ അതാണ് തന്റെ വാസ്തവ സ്വരൂപം എന്ന് ബോധിപ്പിക്കുന്നവൻ ആത്മതത്വം എന്ന് പറയുമ്പോൾ തന്റെ തന്നെ വാസ്തവ സ്വരൂപത്തെ അതായറിയുന്നവൻ ശ്രുതി അല്ലെങ്കിൽ ആചാര്യൻ ഇവിടെ ബോധിപ്പിക്കുന്ന ഒന്ന് അതിനെ ബോധിപ്പിക്കുന്ന ഒരു വസ്തുവായി അറിഞ്ഞുകൊണ്ട് പ്രയോജനമൊന്നുമില്ല അത് താനായിട്ട് തന്നെ അറിയുന്നത് അതാണ് അദ്വയം ആ ശ്രുതി ബോധിപ്പിക്കുന്ന ആചാര്യൻ ബോധിപ്പിക്കുന്നു അത് താനായി തന്നെ അറിയുന്നു തന്നിലാണല്ലോ ഈ ദ്വൈതഭ്രാന്തി ആ താൻ ഈ ദ്വൈതഭ്രാന്തിരഹിതനാണ് എന്ന് ബോധിപ്പിക്കുന്നവൻ തെറ്റബാഹ്യേഷണ അവന് പിന്നെ വികാര വിചാരങ്ങൾ എവിടെ നിന്ന് വരും അവന് സങ്കല്പം ഇച്ഛ ഇതെല്ലാം പിന്നെ എങ്ങനെയാണ് വരുന്നത് അന്യമായ ഒന്നിനെ കുറിച്ചുള്ള വികാര വിചാരങ്ങൾ അന്യമായ ഒന്നിനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഇച്ഛകൾ അതെല്ലാം അവന് തിരിക്കപ്പെട്ടിരിക്കുന്നു അതാണ് തെക്തബാഹ്യേഷണ ഈ ഒരവസ്ഥയിൽ ആവശ്യം അതിൽ അവൻ മുക്തനായിരിക്കുന്നു പുനർണ അവന് വീണ്ടും പതനം സംഭവിക്കുന്നില്ല ഇവിടെയാണ് അവനിപ്പോ പതിച്ചിരിക്കുന്നത് അവിദ്യധ്വാാന്തസാഗര വിപരി ഇത് ആചാര്യൻ ജന്മജന്മങ്ങളിൽ ബോധിപ്പിച്ചിട്ടും ബോധിക്കാൻ കഴിയും എന്തുകൊണ്ടാണ് ഇത് അവിദ്യാധ്വാന്തമാണ് അവിദ്യയാകുന്ന അന്ധകാരമാണ് സാധാരണ ഇരുട്ടിൽ തന്നെ മനുഷ്യന് കാഴ്ചശക്തി കാഴ്ചശക്തി ഉള്ളവന് തന്നെ അത് നഷ്ടപ്പെട്ടു പോകുന്ന വെളിച്ചം കൊണ്ട് ശക്തമായ ഇരട്ടിനെ ഇല്ലാതാക്കാൻ കഴിയും ഇതെന്താണ് അവിദ്യയാകുന്ന അന്ധകാരമാണ് ഇരട്ടിനും കാരണമായ ഇരുട്ടാണ് അവിടെ വെളിച്ചത്തിനും കാരണമായിരിക്കുന്ന വെളിച്ചം വന്നാലേ പറ്റും അവിദ്യാധ്വാന്തസാഗരേ ഇതൊരു ചെറിയ ഇരുട്ടല്ല ഇതൊരു സാഗരമാണ് കാഴ്ചയില്ലാതാകാൻ ലോകം മുഴുവൻ ഇരുട്ടാവേണ്ട കാര്യമൊന്നുമില്ല കണ്ണിനെ ഇരുട്ട് മൂടിയാകും ചെറിയൊരു തുരം വന്നാൽ ലോകത്ത് മുഴുവൻ പ്രകാശമുണ്ടെങ്കിലും അവന് ഇരുട്ടിലായി ഇത് അങ്ങനെയല്ല ഒരു സാഗരമാണ് വലിയ അന്ധകാരമാണ് വിപരിയേ ഭ്രാന്തമായൊരു അന്ധകാരം അന്ധകാരം തന്നെ ഭ്രാന്തിരൂപത്തിലായി അത് തന്നെ ഒരു സമുദ്രം പോലെയായി ഇതെല്ലാം കൂടെ ചേർത്ത് പറയുമ്പോഴാണ് അതിന് അവിദ്യ എന്ന് പറയുന്നത് അപ്പൊ അതൊരു നിസ്സാര കാര്യമില്ല അതുകൊണ്ടാണ് ജന്മജന്മങ്ങളിൽ ആചാര്യൻ ബോധിപ്പിച്ചിട്ടും അത് ബോധിക്കാതിരിക്കുന്നു വീണ്ടും ഈ അസത്തിൽ തന്നെ ദൃഢാഗ്രഹത്തോടു കൂടി ഇരിക്കുന്നത് പക്ഷെ അങ്ങനെ ഒരു സാഗരത്തിലേക്ക് അവൻ പതിക്കുന്നില്ല എന്തുകൊണ്ട് പതിക്കുന്നില്ല വെളിച്ചത്തിന്റെ പ്രത്യേകതയാണ് ഇരുട്ടിന്റെയും പ്രത്യേകതയാണ് ഇരുട്ടിനെ വെളിച്ചം കൊണ്ട് നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഇരുട്ടിന് തിരിച്ചു വരാൻ കഴിയുന്നു നശിച്ചു കഴിഞ്ഞു നമുക്കിവിടെ പല ഇരുട്ട് അനുഭവപ്പെടുന്നു കാരണം ഇവിടെ പല വെളിച്ചങ്ങളുള്ളതുകൊണ്ട് ഇവിടുത്തെ വെളിച്ചം എന്ന് പറയുന്നത് എന്താണ് വിജ്ഞപ്തി ആ വിജ്ഞപ്തിക്ക് മുമ്പിൽ ഒരു അന്ധകാരമേ ഉള്ളൂ അതിനാണ് നമ്മൾ സ്വരൂപ വിസ്മൃതി എന്നെല്ലാം പറയുന്നത് ആ അന്ധകാരം ഈ വിജ്ഞപ്തിയിൽ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു അന്ധകാരമില്ല അതുകൊണ്ട് തന്നെ അവന് പിന്നീട് രണ്ടാമതൊരു ബന്ധനവുമില്ല ബോധിച്ചത് നമ്മൾ വിജ്ഞന്മാരും ആജ്ഞന്മാരുമായി ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നു ജന്മങ്ങളായി എന്തുകൊണ്ട് സംഭവിക്കുന്നു ഇവിടെ പറയുന്ന വിജ്ഞപ്തിയുടെ പ്രകാശം ഉണ്ടായിട്ട് നമുക്ക് പല വെളിച്ചങ്ങളും കിട്ടിയിട്ടുണ്ട് ആ വെളിച്ചങ്ങളൊന്നും പോരാ പര്യാപ്തമല്ല എന്തിന് ഈ പറയുന്ന അവിദ്യ ധാന്ത സാഗര വിപരിയെ എന്ന് പറഞ്ഞ് ഇതിനെ നശിപ്പിക്കാനുള്ള ശേഷി അതിനൊന്നും അതിന്റെ വെളിച്ചം വരുമ്പോ എന്ന് പറഞ്ഞ വിജ്ഞാനം ശാന്തം അദ്വയം എന്ന് പറഞ്ഞ വെളിച്ചം വരുമ്പോൾ ഏകമായിരിക്കുന്ന ഈ അജ്ഞാനം നശിക്കുന്നു രണ്ടാമതവിടെ ഒന്നില്ല അതുകൊണ്ട് വീണ്ടും പുനർന്ന പതന്തി അവൻ വീണ്ടും പതിക്കുന്നില്ല അക്കാര്യം ശ്രുതി പറയുന്നുണ്ട് തത്ര കോശോക ഏകത്വം അനുപശ്യത ആ സത്യത്തെ ഗ്രഹിക്കുന്നവന് ശോകമോഹങ്ങൾ എവിടെ അതവന് സംഭവിക്കുന്നില്ല പരമാർത്ഥത്തിന് ശോകമോഹങ്ങളൊന്നും സംഭവിക്കുന്നില്ല ഇത്യാദി മന്ത്രവർണ ഇതിവിടെ മാത്രം പറയുന്നതല്ല ഉപനിഷത്തിൽ സർവത്ര ഇത് തന്നെയാണ് പറയുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് ഹോമേവ വിജയാനന്ദ എന്ന പത്തന്തിപതിയെ അറിഞ്ഞവന് പിന്നീട് പതനം സംഭവിക്കുന്നില്ല ജാതത്തെ ചിത്തം എന്ന അജാസ്മൃതം വിജാനോ നീ വിപരി